മുഹമ്മദ് നബി സല്ലാഹു അലീഹിവസല്ലം നിങ്ങളുടെ പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല മറിച്ചദ്ദേഹം അള്ളാഹു സുബ്ഹാനഹുഅറ്റാലയുടെ ദൂതനും പ്രവാചകന്മാരുടെ മുദ്രയുമാണ് അള്ളാഹു സുബ്ഹാനഹുഅത് ആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാകുന്നു